അള്ളാഹു സുബഹാനഹുവറ്റ ആല തനിക്ക് നിശ്ചയിച്ച കാര്യങ്ങളിൽ പ്രവാചകന് യാതൊരു പ്രയാസവുമില്ല മുൻപ് കഴിഞ്ഞുപോയവരിലും അള്ളാഹു സുബഹാനുഹൂവറ്റ ആലയുടെ രീതി ഇപ്രകാരം തന്നെയായിരുന്നു അള്ളാഹു സുബഹാനുഹുവറ്റ ആലയുടെ വിധി നിശ്ചയിക്കപ്പെട്ടതാണ്